1 2 3 4 5 മോക്ഷദ്വരമാൻ ശ്രമുയഥ मोच्छद्वारे द्वारे पालन मानश्रु नदाक्कुमु യഥാമം തീർം ഏകതമാസക്തി മോക്ഷദ്വരം പ്രവിശ്യത്തി മോക്ഷദ്വരെ വോളിംഗ് കുറവാണ് മോക്ഷദ്വാരടത്തിൽ ഇമാൻ ദ്വാരപാലാൻ അവിടെ കാവൽക്കാർ കൊണ്ട് വിരസണു എന്ന് വെച്ചവരെ മനസ്സിലാക്കൂ യഥാക്രമം ഇനി പറയാൻ പോവുകയാണ് യേഷാം ഏകതമാസക്തി മോക്ഷദ്വാരം ഫ്രിൻസ് ഈ പറയുന്ന ദ്വാര പാലന്മാര് കാവൽക്കാര് ഒരാളെ കൂട്ടുപിടിച്ച് വരും ഏക തമാസ ഒരാളിനോട് കൂട്ടുകൂടിയ പലരുണ്ട് അത് പറയാൻ പോകുന്ന അധ്യായങ്ങളിലും എല്ലാം പറയുന്നതാണ് കൂടെ പറയുന്നത് മനസമാധാനം കുറിച്ചാണ് മനസ്സമാധാനം അതിന് വിചാരം ഇങ്ങനെ വിഷയങ്ങളെ കുറിച്ച് പറയും അത് ഒന്നിനോട് സക്തി കൊണ്ട് ഒന്നിനോട് നമ്മൾ ഒരു കാവൽക്കാരനോട് അടുത്ത് തന്നെ മോക്ഷദ്വാരം പ്രവേശിച്ചതേ ആ മോക്ഷകാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയും ഉള്ളിൽ മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം പൊതുവായി പറഞ്ഞാണ് ദോഷ ദശാദീർഘ സംസാരം വരുമണ്ഡലി സമപ്രഭ്യത്തിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എഴുത്തുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റില്ല പഴയകാലത്തൊക്കെ എഴുതുന്നതായിരുന്നു വ്യാഖ്യാനത്തിനും പറയുന്നത് ശരിയായ ഒരു പാഠമല്ല പിന്നെ അതിൽ നമുക്ക് ഒരാശയം പറയാം എന്നുള്ളതേയുള്ളൂ സംസാര മരുമണ്ഡലി സംസാരമാകുന്ന മരുഭൂമിയിൽ ദുഃഖ ദോഷദശ സുഖദോഷദശ ദീർഘ സുഖ അവസ്ഥ അതുകൊണ്ടുവരുന്ന ദോഷാവസ്ഥ എല്ലാം വളരെ ദീർഘമാണ് എന്നുവെച്ചാൽ വിസ്തൃതമായ ഒരു മരുഭൂമിയിൽ മറികടക്കുമ്പോൾ ആ വഴി ദീർഘമായിരിക്കുന്നത് പോലെ ഇവിടെ സുഖം എന്ന് പറഞ്ഞാൽ സുഖാശ കൊണ്ടുവരുന്ന ദോഷം ആ ദോഷ അവസ്ഥ വളരെ ദീർഘമാണ് സുഖത്തെ പ്രതീക്ഷിച്ചും അതുകൊണ്ട് ദുഃഖിച്ചും ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും അതുകൊണ്ടവിടെ ജന്തോഹോ ജീവികൾക്ക് ശീതളതാം വേദി അവിടെ ശാന്തിയെ കൊടുക്കുന്നു എന്താണ് സീതരശ്മിയിലെ സമപ്രഭാവം സീതരശ്മി ചന്ദ്രൻ അതിന്റെ പ്രഭയ്ക്ക് തുല്യമായ പ്രഭ ഉള്ളതായ ശാന്തി ശാന്തിയെ കുറിച്ചാണ് പറയുന്നത് സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത് സീതരശ്മി സീതം രശ്മി ഏതെന്തിന്റെ രശ്മിയാണോ സീതമായിരിക്കുന്നത് ചന്ദ്രനാണ് അത് ചൂടുകാലത്ത് രാത്രിയിൽ ജീവികളെല്ലാം പുളർപ്പിക്കുന്നതാണ് ഈ ചന്ദ്രന്റെ രസം അതുപോലെ ശാന്തി ഈ സംസാരദുഃഖത്തിൽ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ ആശ്വാസം കൊടുക്കുന്ന ഒന്നാണെന്നാണ് എന്റെ ആശയം ആശയം ശരിയാണ് ഭാഷയിൽ ചില പ്രശ്നങ്ങളുണ്ട് ശമയന അസാധ്യത സമൂഹി പരമം പദം സമശാന്തി സമൂഹ ഭ്രാന്തി നിവാരണം അതാണ് ദ്വാരപാലന്മാരെ കുറിച്ച് പറഞ്ഞു കാവൽക്കാർ മോക്ഷകവാടത്തില കാവൽക്കാർ ഏറ്റവും പ്രധാനമായി ഇവിടെ ഈ തുടർന്ന് ചർച്ച ചെയ്യുന്നത് ഈ ശാന്തിയെക്കുറിച്ച് മനഃശാന്തി ാസാധ്യത ശ്രേഹ ആ മനസ്സിന്റെ ശാന്തി കൊണ്ട് സമാധാനം കൊണ്ടാണ് ശ്രേയസ് മോക്ഷത്തെ പ്രാപിക്കുന്നത് സമൂഹി പരമം പദം ഇനി ശാന്തിയിലൂടെ മനഃശാന്തിയിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇനി മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്യന്തിക അതിശാന്തി തന്നെ അല്ലെ പറയുന്ന നിത്യശാന്തി കഴിഞ്ഞ അത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് നമ്മളെ സമൂഹി പരമം പദം പിന്നെ ശമശിവ അർത് ശിവൻ എന്ന് പറയുന്നത് അത് ശാന്തി തന്നെയാണ് ശാന്തിയെ നമ്മൾ ശിവൻ വിഷ്ണു പരമാത്മാവ് ഈശ്വരൻ എന്നെല്ലാം പറയുന്നതും ഈ ശാന്തി തന്നെ എല്ലാം ശാന്തിയാണെന്നാണ് ശമശാന്തി ശമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ രീതി പറയുന്ന നിയന്ത്രണം നിഗ്രഹം എന്നുള്ള അർത്ഥത്തിലെല്ലാം ഓടിയെടുക്കുന്നത് ശമദമം മനസ്സിന്റെ നിഗ്രഹം ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ആ ഒരു അർത്ഥം എന്ന് മനസ്സിന്റെ ശാന്തി അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ശാന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതാണ് ശാന്തി അത്ര മനുഷ്യർക്കെല്ലാം പ്രിയ വരുന്ന ഒരു കാര്യമാണ് വല്ലപ്പോഴെങ്കിലും ശാന്തിയെ അനുഭവിക്കാത്ത ആരും കാണത്തില്ലല്ലോ അപ്പൊ ആ സമാധാനം അതാണ് ശാന്തി മോ ഭ്രാന്തി നിവാരണം ഇത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടുണ്ട് മുമ്പ് കഴിഞ്ഞ ദിവസം ചർച്ച മികതഭ്രമം ഇത്രയെന്നും ഭ്രാന്തിയെ നിവാരണം ചെയ്യുന്ന മണിച്ചാണ് ഭ്രാന്തി എന്ന് വെച്ചാൽ ഭ്രാന്തികൾ മനുഷ്യൻ മനസ്സിന് പലതരത്തിലുള്ള ഭ്രാന്തികളും ഭ്രാന്തികളെയൊക്കെ ഇല്ലാതാക്കുന്ന ആള് ശാന്തി ഇവിടെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തി നിവാരണന്ന് പറഞ്ഞ എന്താ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ നിവാരണം ചെയ്ത് ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായി ജ്ഞാനത്തെ നേടുന്നതാണ് ഭ്രാന്തി സങ്കരാചാര്യം പറയുന്ന അജ്ഞാന സംശയവും നിങ്ങൾ ആത്മാവിനെ സംബന്ധിച്ചുണ്ട് മാറ്റി ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായി നേടിക്കഴിഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച് ഭ്രാന്തി ഇല്ല അത്രയ ഭ്രാന്തി നിവാരം നമ്മുടെ ജീവിതത്തിൽ ഭ്രാന്തി നിവാരണം അത് മതിയോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭ്രാന്തികളുണ്ട് ഈ ഭ്രാന്തി മുക്തി എത്രമാത്രം മനുഷ്യന് സാധിക്കാൻ പറ്റും അത്രയും മാത്രം സമാധാനം പൂർണ്ണമായും സാധിക്കാൻ പറ്റും ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും നമ്മുടെ എല്ലാ ഭ്രാന്തികളിൽ നിന്നും മുക്തരായി ജീവിക്കുക അതൊരു സ്വപ്നമാണ് ഒരിക്കലും നടക്കുന്ന കാര്യം അപ്പോൾ ശങ്കരാചാ മറ്റും പറയും രജ്ജുകൾ സ്വർപ്പം പറഞ്ഞു നമ്മള് ഉണ്ടാക്കിയെടുക്കുന്നതല്ല അങ്ങനെ സംഭവിക്കരുത് അതങ്ങ് മാറുകയും ചെയ്യും അത് ആ ഭ്രാന്തി ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു പേടിയല്ല ഉണ്ടാവും അത് മാറുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും ലക്ഷണികമായ ഭ്രാന്തികൾ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഭ്രാന്തി മരുമരീചിക സെൻസറി ഇൻറ്റ്യൂഷൻസും പ്രധാനമായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആണ് അതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ബ്രെയിനിന്റെ പങ്ക് വളരെ വലുതാണ് പക്ഷേ അത് ഇങ്ങനെ ഉണ്ടാകുന്നു മാറുന്നു ഉണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാറുമ്പോൾ ആ പ്രശ്നം എന്തു ചെയ്യുന്നു അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ഭ്രാന്തിയിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കോബിനേറ്റീവ് ഇട്യൂഷൻസ് അങ്ങനെ പല പല തരത്തിൽ സോഷ്യൽ ഇൻവ്യൂഷൻസ് ഫിലോസഫിക്കൽ ഇല്യൂഷൻസ് പലതരത്തിൽ ഈ ഭ്രാന്തിയിലൂടെയാണ് ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഭ്രാന്തി നിവാരണമെന്ന് പറയുമ്പോൾ ഇതെല്ലാം കുറെ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറച്ച് സമാനം അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താണോ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കുന്നത് ജീവിതത്തിലൊരു യാഥാർത്ഥ്യ ബോധം ഈ ഫിലോസഫിന്ന് തന്നെ പലപ്പോഴും നമുക്ക് ഭ്രാന്തിട്ട അത് എപ്പോഴും നമുക്ക് സമാധാനം തരണമെന്നുള്ളൂ കാരണം നൂറുകണക്കിന് ദർശനങ്ങൾ ഫിലോസഫി ഇതൊക്കെ ചിന്തിച്ച് പലതും തല പൊളിക്കുന്ന സാധനങ്ങളാണ് ഇത് തന്നെ പലപ്പോഴും ഭ്രാന്തികളാണ് ഒരാള് പറയും നിന്റെ ഫിലോസഫി ഭ്രാന്തി ആണ് എന്റെ ഫിലോസഫിയാണ് ശരി വ്യത്യാസമാണ് ഒരാള് പറയുന്നു ശങ്കരായക്ക് പറയുന്നത് എന്റെ ഫിലോസഫിയാണ് ശരി രാമാനുജാചാര്യർ പറയുന്നത് എന്താണ് തന്റെ ഫിലോസഫി ഭ്രാന്തിയാണ് എൻ്റെതാണ് ശരി ഇതിങ്ങനെ പരമ്പരയായി ഓരോ ഫിലോസഫേഴ്സും പറയും പിന്നെ മനുഷ്യനേലൊക്കെ സമാധാനം കിട്ടുന്ന എന്താണ് ഒരാൾ ഏതെങ്കിലും ഒന്നിനും മുറുകെ പിടിക്കുന്നു അതിനോട് ഇഷ്ടം കൂടുന്നു ഒരു ഭ്രാന്തിയിലങ്ങ് ജീവിച്ചു പോകും അപ്പോ അതിലൊരു സമാ ഭ്രാന്തിയിലൊരു സമാധാനം കണ്ടെത്തും ഇങ്ങനെയൊക്കെ മനുഷ്യനങ്ങ് ജീവിച്ചു പോകും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മള് ഭ്രാന്തി കൊണ്ട് മൂടിയിരിക്കുകയാണ് നിരന്തരം സമൂഹവും എന്ത് ചെയ്യുന്നു നമുക്ക് പലതരം ഭ്രാന്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭ്രാന്തികൾ നിന്ന് നമുക്ക് ഒരു മോചനം വന്നു ഈ ലോകത്തിന് സമാധാനമായിട്ട് ജനിക്കും മനുഷ്യരുടെ ജീവിതം അടുത്ത് ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അതെന്ന് നോർമലായ മനുഷ്യരുടെ കാര്യം ഞാൻ പറയാം എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാര്യം എല്ലാം ഈ ഭ്രാന്തി ഉണ്ടാവും ഒന്ന് നോക്ക സാധാരണ കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്നാലും നോക്കാതിന് മോചനമുണ്ട് പരസ്യങ്ങൾ കോൾഗേറ്റ് പല്ലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് കോൾഗേറ്റ് വാങ്ങിയിട്ട് പല്ല് തേക്കും ഈ കോൾഗേറ്റും പല്ലിന്റെ ആരോഗ്യമായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ പരസ്യത്തിന് നമ്മളെന്ത് നമ്മൾ വീണ് പോവുകയും അതില്ലാതെ നമുക്ക് പല ആരോഗ്യം സംരക്ഷിക്കാൻ ഒരുപാട് വഴിയുണ്ട് പക്ഷെ പരസ്യം നമ്മളെവിടെ കൊണ്ടു വന്നെത്തിക്കുന്നു നമ്മുടെ സാമ്പത്തിക നഷ്ടം പലതുമുണ്ടാകും പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ മെസ്സേജ് ഇന്ന് മനുഷ്യരെ ഒരുപാട് ഭ്രാന്തിയിലേക്ക് നടത്തിക്കുന്നതാണ് കാരണം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിന് വളരെ മനുഷ്യരുടെ മനുഷ്യാശ്രോത അറിയാവുന്നതും ബുദ്ധിമാന്മാരായ ഒരു കൂട്ടാൾക്കാർ ഇരുന്ന് പണിയെടുത്തിട്ടാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർ ഇല്ലാത്ത മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കുകയും ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും അസത്യം പറയുകയും സത്യം തുറന്നു പറയാതിരിക്കുകയും എന്തിനുവേണ്ടി രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യനെങ്ങനെ ഒരു വിഭ്രാന്തിയിലൂടെ നടത്തിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉള്ള എല്ലാവർക്കും അതാണ് എല്ലാവരും അതായത് മനുഷ്യൻ ഈ വിഭ്രാന്തികളെല്ലാം സോഷ്യൽ ഇൻക്യൂഷൻസും എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് അതെല്ലാം എന്നിട്ട് ഓരോ വ്യക്തികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓരോ പാർട്ടികളുടെ ആരാധകരായിട്ടിങ്ങനെ ജീവിക്കുന്നു ആരാധകരാകുന്നിങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ പൊളിറ്റിക്കൽ മെസ്സേജുകൾ വിശ്വസിച്ചിട്ടാണ് ഇത് നമുക്ക് ഭ്രാന്തി ഉണ്ടാക്കുന്നതാണ് ഒരാളും സത്യസന്ധമായി ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല റിയിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് മനുഷ്യനെ ആശയക്കുഴപ്പത്തിൽ നിർത്തി രാഷ്ട്രീയമായ നേട്ടങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂരിലെ എത്ര പ്ലെയിൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഇന്ന് ഇന്ത്യയിലെ ആർക്കും അറിയത്തില്ല ഒരു മനുഷ്യർക്ക് നഷ്ടപ്പെട്ടോന്നറിയില്ല നഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടില്ലെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ഏത് യാത്ര ഇതിനൊക്കെ ഒരു എന്താണ് സംഭവിച്ചത് പക്ഷെ രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ അത് അറിയിക്കരുത് എന്തുള്ളത് വേണ്ടി ശരിക്കും അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പക്ഷേ അവകാശങ്ങൾ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരിക്കലും അംഗീകരിക്കുക മറിച്ച് മനുഷ്യനെയും വിഭ്രമങ്ങളിലൂടെ ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നും ചിലപ്പോൾ ഇല്ലെന്ന് തോന്നും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് തോന്നും നഷ്ടപ്പെട്ടില്ലെന്ന് തോന്നും പിന്നെ റാഫേലാണോ നഷ്ടപ്പെട്ടു വേറെന്തെങ്കിലും ആണോ നഷ്ടപ്പെട്ടു തീരുമാനത്തിലെത്താൻ പറ്റില്ല ഒരിടത്തു നിന്ന് പറയും നഷ്ടപ്പെട്ടെന്ന് ഒരിടത്തു നിന്ന് പറയും നഷ്ടപ്പെട്ടില്ലെന്നും എന്ന് വെച്ചാൽ ഇല്യൂഷനിലാണ് പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ട് ഇതിനൊപ്പം നടക്കുന്നു മറ്റൊരു ഇല്യൂഷനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന മറ്റൊരു എന്താണ് മറ്റൊരു ലൂഷനാണ് മനുഷ്യൻ ഇതിനെ ഇതിന്റെ ആശയക്കുഴപ്പത്തിലാണെങ്കിലും മനുഷ്യൻ ഇതിന്റെ പിറകെ ഇങ്ങനെ പോകുന്ന എന്തുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ കാര്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞു എല്ലാ പൊളിറ്റിക്കൽ മെസ്സേജുകളും മനുഷ്യനെ വിഭ്രാന്തിയിലാണ് അവരുടെ നേട്ടത്തിന് വേണ്ടി അപ്പോ ശരി ഇങ്ങനെ വന്നാലും ഇവിടെ ഓരോ ഉറപ്പുമില്ല പക്ഷെ എന്തായാലും അവൻ വിശ്വസിക്കും വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭ്രാന്തിയാണ് എന്താണ് നമ്മുടെ നേതൃത്വം അവര് വളരെ യോഗ്യന്മാരാണ് അവര് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കത്തില്ല അവര് സത്യസന്ധന്മാരാണ് ഇങ്ങനെയുള്ള മുൻവിധികൾ കൺഫർമേഷൻ അതിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ വിവരങ്ങൾ നശിച്ചെന്നും നശിച്ചില്ലെന്നും ഒക്കെ കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നു നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മളതിനെ വ്യാഖ്യാനിച്ചിട്ട് സമാധാനം കണ്ടെത്തുന്നു നമ്മളെന്താ സമാധാനം കണ്ടെത്തുന്നത് ഇവരെയും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ നന്മ ഇങ്ങനെയൊക്കെയുള്ള കൺഫർമേഷൻ പയാസം ഇതൊരു ഇന്യൂഷനാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അപ്പോ നമ്മൾ എവിടെയാണ് പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം പോലും നോക്കില്ലാത്ത രീതി നമ്മുടെ ചിന്താശേഷിയെ പൂർണമായും നശിപ്പിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയങ്ങളും ഞാനേതെങ്കിലും പാർട്ടിയുടെ ആള് ഓരോരുത്തരെ കുറിച്ചും പഠിക്കുന്ന ആള് ഈ തട്ടിപ്പുകളൊക്കെ കുറെ മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് പറയുന്ന ഇങ്ങനൊരു അന്ധതയിലൂടെ മനുഷ്യർ നയിച്ചുകൊണ്ട് പോവുകയാണ് ഇന്ത്യ ഇതുപോലുള്ള നിരന്തരം എന്താണ് പൊളിറ്റിക്കൽ മെസ്സേജുകളും നമുക്ക് അവര് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഒരു വിഭ്രാന്തിയിലൂടെ നയിച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയങ്ങളും അറിഞ്ഞാത്ത അറിയുമ്പോ വരെന്തോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടേതായ ഒരു ഇവിഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ സമാധാനം അപ്പോൾ അത് ശരിയാണ് അവരും നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഫിലോസിപ്പിക്കലീഷൻ ഒരുപാടുണ്ട് ഇപ്പൊ സ്വയം ആ ഭ്രമത്തിൽപ്പെടുകയും മറ്റുള്ളവർ ആ ഭ്രമത്തിലൂടെ നടത്തുകയും ചെയ്യും ശങ്കരാചാര്യായാലും ശരി രാമാനുജാചാര്യായാലും ശരി ഇവരൊക്കെ നിരന്തരം വളരെയധികം ഇത്തരം ഭ്രമങ്ങൾ സ്വയം കൊണ്ടു കടക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒരു ഉദാഹരണം പറയാം പറയുന്നു വേദം എന്ന് പറയുന്ന ഈ പഴയകാലത്ത് ആദിവാസികൾ പാടിയ പാട്ട് ഇത് ഈശ്വരൻ നേരിട്ട് പറഞ്ഞാണ് എന്നാൽ പുരാണങ്ങൾ മഹാഭാരതം രാമായണം ഇതൊക്കെ മനുഷ്യൻ നേരിട്ട് പാടിയതാണ് ഈശ്വരൻ പാടിയതാണ് ഇത് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് മനുഷ്യർ മനസ്സിൽ ഭ്രമത്തെ ഉണ്ടാക്കുക അവരും ഭ്രമത്തിലാണ് അവരും അങ്ങനെയാണ് വിശ്വസിക്കും എന്തുകൊണ്ട് മനുഷ്യന്റെ ചരിത്രം അറിയില്ല ഭാഷയുടെ ചരിത്രം അറിയില്ല മനുഷ്യസമൂഹങ്ങളുടെ ചരിത്രം അറിയില്ല മനുഷ്യപരിണാമത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല അതുകൊണ്ട് കുറച്ച് വാക്യങ്ങൾ ഈശ്വരൻ പറഞ്ഞത് കുറച്ച് വാക്യങ്ങൾ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെ വിശ്വസിക്കുകയും മനുഷ്യരെ വിഭ്രമിപ്പിക്കുകയും ചെയ്യും ഫിലോസഫിക്കൽ നമ്മളു അത് വിശ്വസിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും ഏതെങ്കിലും സമയത്താ ചിലവസിക്കാത്തവർ കാണും ഫിലോസഫിയൊക്കെ പഠിക്കുന്നു ഈ ശങ്കരാറപ്പിച്ച് രാമായുചാചാര്യൊക്കെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ ശങ്കരാചാര് പ്രത്യേകം പറയുന്നു അത് മോക്ഷം ചാതുർപള്ളി നിലനിന്നേയും പറ്റും ചാതുർ പള്ളി എന്ന് പറയുന്ന ആ സാമൂഹിക വ്യവസ്ഥ നിലനിന്നാലേ മോക്ഷം കിട്ടും ഇതിനും വലിയൊരു സോഷ്യൽ ഇൻഡിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വിഭ്രാന്തി എന്ന് പറയുന്നത് അള ആൾക്കങ്ങനെ ഒരു വിഭ്രാന്തി ഉണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല സ്വയം അങ്ങനെ ഒരു വിഭ്രാന്തിയിലാണ് ജീവിച്ചത് അപ്പൊ നമ്മൾ ജ്ഞാനി എന്നൊക്കെ പറയുന്നത് ജ്ഞാനി എന്ന് പറഞ്ഞ വിഭ്രാന്തി ഒക്കെ മാറിയ ആൾക്കാരാണെന്നൊക്കെ കാരണമുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമാണ് വിഭ്രാന്തികളൊന്നും മാറിയ ജ്ഞാനി അങ്ങനെ ഒരാളുണ്ടാകത്തില്ല ടു ഇന്റു ടു ഫോർ ഇതൊരു ജ്ഞാനമാണ് അതിലും വിഭ്രാന്തി അതില് ഒരാൾ ടു ഇന്റു ടു ഫോർ എന്ന് പറഞ്ഞ ഒരു വിഭ്രാന്തി അത് ഞാൻ ഈ സംശയം പക്ഷെ അത് ആ കാര്യത്തിലേ ഉള്ളൂ ഞാനും പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ഇതേ വ്യക്തിക്ക് ഒരുപാട് വിഭ്രാന്തികളുണ്ട് അപ്പം ഒരാള് വിഭ്രാന്തികൾ വിമുക്തനായി കാരണം അങ്ങനെ ഒരു വ്യവസ്ഥ നോക്കും ഈ ഭൂപ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ നിലനിന്ന ഒരു വ്യവസ്ഥയുണ്ട് ഒരു കാലഘട്ടം എന്നാ വ്യവസ്ഥയൊക്കെ ശിഥിലമായി കൊണ്ടുവരികയാണ് ഭാവിനെത്തോടെ ഒരു വ്യവസ്ഥ കാണത്തില്ല എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കണം ചാതുർ പറഞ്ഞു എന്നാലേ മോക്ഷം ഉണ്ടാവും എന്ന് ഒരു വിഭ്രാന്തിയിലാണ് ഈ വലിയ ഭാഷയും ഈ വലിയ തത്വം ഇന്ത്യയും എഴുതി വെച്ചത് ഇപ്പോഴേ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഇവരെല്ലാം വിഭ്രാന്തിയിലാണ് പിന്നെ ഈ ഫിലോസഫിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നിപ്പോ ഒരുപാട് ഇപ്പൊ ആത്മാവിനെ കുറിച്ച് കപിലൻ പറയുന്നതല്ല കപിലന്റെ ജ്ഞാനമല്ല കണാതന്റെ ജ്ഞാനം അതല്ല ഗൌതമന്റെ ജ്ഞാനം അപ്പോ ഈ മൂന്ന് പേരും വിഭ്രാന്തിയിലാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നുപേര് ശരിയാകണം മൂന്നുപേര് ശരിയാകില്ല പരസ്പര വിരുദ്ധമാണ് ഇവർ പറയുന്ന കാര്യം ഒരാൾ പറയുന്നില്ല വേറൊരാൾ പറയുന്നു പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം വിഭ്രാന്തിയിലാണ് പിന്നെ ഭ്രാന്തി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇൻഡു ഒരു വിഷയത്തിൽ ഒരാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വിഷയത്തിൽ അയാൾക്ക് അയാൾ വിഭ്രാന്തി മാറിയെന്നേ പറയാ ഒരാൾക്ക് സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഒരാൾ അയാൾക്ക് സൈക്കിൾ നല്ലവണ്ണം റിപ്പയർ ചെയ്യാൻ അറിയാം അത് നല്ലവണ്ണം ജോലി ചെയ്യും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് മറ്റു വിഷയങ്ങളിൽ ഭ്രാന്തി ഇല്ല നടത്തുള്ളൂ ഏതൊരു വിഷയത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ വിഷയത്തിലുള്ള വിഭ്രാന്തി മാറുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ വിഭ്രാന്തികൾ പൂർണ്ണമായും മാറുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യങ്ങളുടെ ഇന്ന് ഇന്നത്തെ മനുഷ്യൻ ഭാവിയിൽ സാധിക്കുമെന്നറിയും പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിൽ വിഭ്രാന്തികൾ എത്രമാത്രം മാറുമോ അത്രമാത്രം സാധിക്കും അതൊരു വാസ്തവം അത് സാധിക്കും അല്ലാതെ വിഭ്രാന്തി എല്ലാം മാറിയിട്ട് ശാന്തി എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ ദർശനങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വരുമ്പോൾ പല കിറാമുട്ടികളിലും ചെന്ന് തട്ടി നിന്നു പോകും മുമ്പോട്ട് പോകാൻ കഴിയാതെ യുക്തിയും വിചാര ശേഷിയും എല്ലാം നഷ്ടപ്പെട്ട അവസാനം സിദ്ധാന്തങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് അവസാനം എന്താ പറയുക ഇത് ഞങ്ങളുടെ സിദ്ധാന്തമാണ് ഞങ്ങളിങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന അതുകൊണ്ടാണ് കാരണം വിഭ്രാന്തികളിൽ നിന്നാണ് മനുഷ്യന്റെ മോചനം പരിണാമശ്വാസത്തിന് കാരണം പറയുന്നുണ്ട് കാരണം നമ്മുടെ ഈ ബ്രെയിനിന്റെ പരിണാമത്തിൽ ബ്രെയിനിലെ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ടായി ആ ഷോർട്ട് കട്ടുകൾ ബ്രെയിൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതായത് കുറേ ഇൻഫർമേഷൻസ് നമ്മളെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെയാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് എനിക്കത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അതിനോട്ട് ക്രിട്ടുകൾ ഉണ്ടാകും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് കാടുകളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നവരും ഭക്ഷണം തേടി അപ്പോൾ ഭക്ഷണം തേടി അലയാന്ന് വെച്ചാൽ നമ്മുടെ ഇരകളുടെ പിറകിൽ ഓടി നിൽന്നവരാണ് ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഞാനും നിങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ സംശയമുണ്ടോ ഞാനും നിങ്ങളൊക്കെ ഒരു കാലത്ത് ഈ ഇരകളുടെ പിറകെ ഓടിയണം എന്നവരാണ് എങ്ങനെ ആ ഓടി നടന്ന ആ ജീനുകളാണ് നമ്മുടെ ശരീരത്തിനും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാനവിടെ ഉണ്ടായിരുന്നെന്ന് പറയും നമ്മൾ ശൂന്യതയിൽ നിന്ന് വന്നവരും അപ്പൊ അതിന്റേതായ വിശേഷതകളൊക്കെ നമ്മളിൽ ഇന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇര തേടി നടക്കുമ്പോ കാട്ടിൽ ഈ പുല്ലുകളുടെയൊക്കെ ഇടയ്ക്ക് എന്തോ ഒരു ചലനം അപ്പൊ എന്താണെന്ന് ഉടൻ തീരുമാനിക്കണം കാരണം നമ്മൾ ഇര തേടി നമ്മുടെ പിറകിൽ ഒരു ഇര പിടിയെന്നുണ്ട് നമ്മളെ തേടി വരികയാണ് അവനും നമ്മുടെ പിറകിലുണ്ട് ഈ ഭയമൂരിലുണ്ട് ഏത് സമയം നമ്മൾ ഇരയാകാം പക്ഷെ നമുക്ക് ഭക്ഷണമുണ്ടോ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് കാണുന്നത് ആ കണ്ടത് ഒരു മാനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ തിരിച്ചറിയാനും അനക്കമേ ഉള്ളൂ മാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ താൻ ഓടുന്ന അങ്ങോട്ടാണ് അവനെ പിഴ്പെടുത്താൻ ഭക്ഷിക്കാൻ നമ്മൾക്ക് അങ്ങനെ ഓടിയവരാണ് പക്ഷെ അത് തിരിച്ചറിയുക പറയുന്നത് ഈ ഇൻഫർമേഷൻസ് കിട്ടി ഉടൻ തീരുമാനമെടുക്കണം എന്താണെന്ന് കാരണം അവിടെ ഒരു അപകടം ഓടിച്ചിരിപ്പുണ്ട് ചിലപ്പോൾ അതൊരു കടുവയായിരുന്നു പിരിയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടി അവൻ പാത്തിരിക്കുകയാണ് നമ്മളെ തിരഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ തീർന്നു ഇടപാട് ഇപ്പൊ ജീവനെ സംബന്ധിച്ച് അതിജീവനം എന്ന് പറയുന്ന ഒന്ന് കൂടിയെത്തീ ജീവനെ അതിജീവിക്കണം അങ്ങനെ അതിജീവിച്ചോണ്ടാണ് നമ്മളിവിടെ വന്നത് അതിജീവനത്തിന് വേണ്ടി ബ്രെയിൻ എന്തെങ്കിലും ചില ഷോർട്ട് കട്ടുകളുണ്ട് എന്നിട്ടവിടെ തീരുമാനം ഉണ്ടാക്കിയെടുക്കും എന്താണ് അത് മാനാണ് ശരിയായ ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇര കിട്ടും അല്ല ആ ഷോർട്ട് കട്ടുകൾ ചിലപ്പോൾ അബദ്ധമാകണം അപ്പം അത് നമ്മളെന്ത് തീരുമാനിച്ചു മാനം തന്നെ തീരുമാനിച്ചു പക്ഷെ അതിന്റെ കടുവയായിരുന്നു ഓടിച്ചെന്ന് ഇടപാടുത്തത് ഷോട്ട് കട്ടുകളും ഇതാണ് മനുഷ്യന്റെ ഈ ബുദ്ധിയുടെ ഭ്രമത്തെ ഉണ്ടാക്കിയത് അത് പിന്നെ പരിണാമത്തിലൂടെ നാനാരൂപത്തിൽ വന്നു നമ്മൾ വലിയ വലിയ ഗ്രഹനങ്ങളായ ഫിലോസഫികൾ ഉണ്ടാക്കുമ്പോഴും വലിയ വലിയ ശാസ്ത്ര തത്വങ്ങൾ ആധുനികമായ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ പിറകിലെ ഈ ഷോർട്ട് കട്ടുകൾ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യും നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്കും കൊണ്ടുപോകും ചിലപ്പോൾ ബ്രഹ്മത്തിലേക്കും കൊണ്ടുപോകും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് ജീവിച്ചാൽ സമാധാനം അന്നും ഇന്നും അങ്ങനെ തന്നെ എന്നുവെച്ചാൽ അത് ശരിക്കും കണ്ടത് മാനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനാണെങ്കിൽ സമാധാനം നോക്കും കാരണം നമുക്ക് ഭക്ഷണം കിട്ടും അല്ല ഇനി അവിടെ കണ്ടത് കടുവയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാല് സമാധാനം കാരണം നമ്മളോട് രക്ഷപ്പെടും രണ്ടിടത്തും നോക്കുകയോ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമാധാനം മറിച്ച് ഇത് തെറ്റായ ഷോർട്ട് കട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർക്കും ഇന്നും എന്നും മനുഷ്യന്റെ ചിന്തകൾ ഇങ്ങനെ ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ കടന്നുവരുന്ന പാരമ്പര്യമായ അറിവുകൾ വിശ്വാസങ്ങൾ മൂല്യബോധങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് നിരന്തരം വിഭ്രാന്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും കാരണം പലതും നമ്മുടെ വർത്തമാന സാഹചര്യങ്ങളുമായിട്ടും വർത്തമാന ജീവിതമായിട്ടും പൊരുത്തപ്പെടുന്നതാണ് എന്നാലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ കൺഫർമേഷൻ ബയാസ് കാരണം ഒരുപാട് വർഷങ്ങളായി ശീലിച്ചല്ലേ അപ്പോ പഴയതാണ് ശരി എന്ന് നമ്മുടെ വർത്തമാന അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചു പഴയതാണ് ശരി ഇതല്ല അവിടെ പലപ്പോഴും നമുക്ക് നമ്മൾ ഭ്രമത്തിനടുമിട്ടു അതാണ് നമ്മളെപ്പോഴും എന്താണ് പ്രാചീന മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വാശിയോടുകൂടി മത്സരിക്കുന്നത് അതൊരു ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയാതെ ആധുനിക മൂല്യങ്ങൾ തല്ലി തള്ളിക്കളയുന്നു അതിനോട് മുഖം തിരിക്കുന്നു സെൽഫ് അവയർനെസ് എന്ന് പറയും അതിനുവേണ്ടി നമ്മൾ വളരെ ശക്തമായി ബാധിക്കും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ സെൽഫ് അവയർനെസ് പറയുമ്പോൾ അവിടെ ഈ പഴയ മൂല്യങ്ങളും പാരമ്പര്യ വിശ്വാസങ്ങളും കാലോചിതമല്ലാത്ത പലതും കടന്നു വരും അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് സോഷ്യൽ അവയർനെസ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഏത് സമൂഹത്തിലാണോ ജീവിച്ചിരിക്കുന്നത് അവിടെ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചുള്ള അവയർനെസ്സിനെയാണ് സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നഷ്ടപ്പെട്ടു കാരണം നമ്മൾ പൊട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തിനോടാണ് പ്രാചീനമായ മൂല്യങ്ങളാണ് അപ്പോ പലപ്പോഴും നമുക്ക് അർഹതപ്പെട്ട് നമ്മൾ തിരിച്ചറിയത്തില്ല നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകത്തില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല പല തകരാറുകളും പറയും എല്ലാം കൂടെ ചേർത്താ പറയുന്നത് ഇന്മോഷൻസ് ഭ്രാന്തികൾ അപ്പൊ എവിടെയാണോ നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത് നമ്മളവിടെ സമാധാനം വരും എന്ന് യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തിനെ ഒന്നിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മളടക്കം നമുക്ക് ഗുണം പ്രതികൂലമാണെങ്കിൽ നമ്മൾ അകലം നമുക്ക് ദോഷം ചെയ്യത്തില്ല ഗുണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്താണ് ഇത് നമുക്ക് അനുകൂലമാണോ അത് പ്രതികൂലമാണ് അനുകൂലമാണെങ്കിൽ നമുക്കെടുക്കാം ധൈര്യമായിട്ട് നമുക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന എന്താണ് അനുകൂലത്തെയും പ്രതികൂലത്തെയും തിരിച്ചറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനാണ് നമ്മൾ ഭ്രാന്തി എന്ന് അത് അതായത് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നു ാണ് ഭ്രാന്തം അപ്പോ ഇത് യഥാർത്ഥമാണ് യഥാർത്ഥമാണെന്ന് അറിഞ്ഞ അടുത്ത് പിന്നെ അത് അനുകൂലമാണോ പ്രതികൂലമാണോ യഥാർത്ഥം അനുകൂലമാണോന്നില്ല പ്രതികൂലമാകാം കടുവ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് പ്രതികൂലമാണ് അപ്പൊ അവിടെ നിന്ന് പിന്തിരിയണം മനം പറയുന്നതും യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അനുകൂലമാണ് അങ്ങോട്ട് അടുക്കണം അപ്പൊ ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിൻ ഈ പരിണാമങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും ഈ വലിയ രീതിയിൽ തന്നെ ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നും നമ്മൾ നിരന്തരം വിഭ്രാന്തികളിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ഈ ജ്ഞാനി എന്നൊക്കെ പറയുന്നവരും അജ്ഞാനി എന്നൊക്കെ പറയുന്നവരും നമ്മളിന്നും ഇതിന് യാതൊരു അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഒരു പ്രത്യേക ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ചില ആൾക്കാരൊക്കെ ജ്ഞാനി എന്ന് പറഞ്ഞ് അവരോധിക്കുന്നു എന്നുള്ളതിനപ്പുറം ഈ ലോകത്ത് ജ്ഞാനി എന്ന് പറഞ്ഞൊന്നും ആരുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല അജ്ഞാനി എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യനും എന്താണോ യാഥാർത്ഥ്യങ്ങളിലൂടെയും വിഭ്രമങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രമാത്രം നമുക്ക് വിഭ്രമങ്ങളിൽ നിന്ന് മോചനം കിട്ടുമോ അത്രമാത്രം നമുക്ക് യാഥാർത്ഥ്യത്തോട് അടുക്കാൻ കഴിയും യാഥാർത്ഥ്യത്തോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിനനുകൂലമാണ് നമ്മളങ്ങോട്ട് തന്നെ അടുക്കും നമ്മൾ ചീലിച്ചു പോയതാണ് നമ്മുടെ ഡി എൻ എയിലുള്ളതാണ് അത് നമുക്ക് സമാധാനം കിട്ടും അതുകൊണ്ട് വിഭ്രമം ഒഴിയുക എന്ന് പറയുന്നതിനൊരു വിപുലമായ അർത്ഥം ഇന്ന് ആധുനിക കാലത്ത് ഉണ്ട് എന്നൊരു വലിയ അർത്ഥം ആ ബ്രഹ്മത്തെ അറിയുക ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഭ്രാന്തി മാറുക ഈ ബ്രഹ്മജ്ഞാനത്തിൽ വന്ന ഏറ്റവും വലിയൊരു സമസ് ഒഴുകാതെ കാരണം ശരി ബ്രഹ്മജ്ഞാനം ഉണ്ടായി ബ്രഹ്മജ്ഞാനം ഉണ്ടായാലും മനുഷ്യന്റെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും നിൽക്കുന്നു അതിനെന്താ പരിഹാരം മനുഷ്യന്റെ ബ്രഹ്മജ്ഞാനം വന്നു വീണ്ടും പ്രശ്നങ്ങൾ എന്താ എന്താ പരിഹാരം ശങ്കരായർ പെട്ട പരിഹാരമുള്ളൂ എന്താണ് എന്താണ് ദ്വൈതമൊക്കെ പഠിച്ചവരല്ലേ എന്ത് പരിഹാരമായി സങ്കരമായിരുന്നു അദ്ദേശം ഒന്നിനും ബോധം ഏ ആ അത് തന്നെ ബോധമുള്ളവരുണ്ട് മരിക്കുക വേറെ വഴിയൊന്നും മരിക്കുന്നത് വരെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക മരിക്കുക മരിക്കുമ്പോ എല്ലാം ശരിക്കുക എന്തുകൊണ്ടവിടെ കൊണ്ടെത്തിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ജീവൻ മുക്തി എന്ന് പറയുന്ന ഒന്ന് നേടിയതിന് ശേഷവും ശരിയായൊരു റിസോർട്ടിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്തുകൊണ്ട് ഇതാണ് പ്രസിദ്ധ എന്താണ് അതുകൊണ്ട് മനുഷ്യൻ അതെന്റെ വിഭ്രമങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന വഴിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് പരവുമായ ആത്യന്തികമായ ഒരു മുക്തി അതിൻ്റെ വഴിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് അത് ശരിയല്ല ആയിക്കോട്ടെ തത്വചിന്താപരമായി അതിൽ ശരിയൊന്നുമില്ലെന്ന് തന്നെ ഞാൻ പറയുന്നു പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് പരിഹരിക്കുന്നു അണ്ടാടി ശങ്കരാചാര്യർ പോലുള്ള ഈ തത്വചിന്തകന്മാർക്ക് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേരുടെ എന്താണ് ആത്യന്തികമായ സംസാര നിവർത്തിക്ക് ഇന്നതാണ് ഉപായെന്നൊക്കെ പറയാൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ മനുഷ്യരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും അവർക്ക് ഒരു ഞാൻ കഴിഞ്ഞവണ്ണം അമ്മയായിട്ട് സംസാരിച്ചു ഞാൻ നേരിട്ട് അമ്മയുടെ ഒരു കാര്യം പറഞ്ഞു അമ്മയുടെ മോത്തു നോക്കി തന്നെ പറഞ്ഞ കാര്യം അതായത് നമ്മുടെ ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ടു ഒരുപാട് ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടു ഒരുപാട് ഫിലോസഫി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം വിശദമായി പറഞ്ഞില്ല വിശദമായി ഞാൻ നിങ്ങളോട് പറയും നിങ്ങളോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടൊരു പരിഹാരം കാണാതെ അതൊക്കെ അവശേഷിക്കേണ്ടി അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ആധ്യാത്മിക ഗുരുക്കന്മാരെ കുറിച്ച് പറയണം മറ്റു മനുഷ്യരെ കുറിച്ചല്ല ആത്മീയ ഗുരുക്കന്മാര് മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച നിന്നുമ്പ് ജീവിച്ച് എത്ര ഗുരുക്കന്മാരെ നമുക്കിവിടെ കാണിക്കാം നമ്മുടെ ഭാരതത്തിന്റെ കാര്യം എത്ര പേരും അമ്മ ഇന്ന് പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക ഏതൊക്കെ ഫീൽഡിലാണ് ഞാനിങ്ങനെ എന്താണ് മുഖസ്ഥിതി പറഞ്ഞ് നിങ്ങളെയൊക്കെ പോലെ കാര്യം സാധിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളല്ലോ കാരണം എനിക്ക് അങ്ങനെ ഒന്ന് സാധിക്കേണ്ട കാര്യം അതൊരു യാഥാർത്ഥ്യമാണ് ഇതുവരെയുള്ള ഗുരുക്കന്മാര് ചിന്തിക്കാത്ത വഴിയിലൂടെ അമ്മ ചിന്തിച്ചു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്ന നിങ്ങൾ ഒരുപാട് മുഖസ്തുതിയൊക്കെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് പല യാഥാർത്ഥ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാറുള്ളൂ അങ്ങനെയൊരു ദോഷം കൂടെ മനുഷ്യന്റെ ജീവിതത്തെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന് വേണ്ട പല കാര്യങ്ങളും ചെയ്യുക അപ്പോ അത് ഒരു ആത്മീയ ഗുരു എന്നുള്ള ആരൊക്കെ ചെയ്യുക എന്ന് പറയുന്നു വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ അവിടെ ഫിലോസഫി അല്ല മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ള ഒരു വലിയൊരു കാര്യ അതും വേറെ ഒരുപാട് പ്രതികൂല സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുക എന്ന് ചേർത്താണ് ഞാൻ പറയുന്നത് അങ്ങനെ വേറെ ആര് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിനോട് അമ്മ ഒരു കാര്യം കൂടെ അമ്മ പറഞ്ഞു ഞാനിങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ശരിയാണ് അപ്പൊ കുറെ പേര് എന്നെ വിശ്വസിച്ച് കൂടെ നിന്നു അതൊക്കെ ശരിയാണ് അവര് മറിച്ചൊന്നും ചിന്തിച്ചില്ല പക്ഷേ അമ്മയ്ക്ക് ഒരുപാട് പ്രതികൂലതകളുണ്ടായിരുന്നു അപ്പൊ ഒന്ന് അമ്മ പറഞ്ഞു ഞാനൊരു താഴ്ന്ന ജാതിപ്പെട്ട ആളാണ് അന്ന് തന്നെ അമ്മയുടെ വാക്കേന്നെയും പറയാം എന്നുവെച്ചാൽ അത് ഇന്ത്യൻ സമൂഹത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രതികൂലത അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമില്ല അതാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടാക്കിയത് മറ്റുള്ളവർക്ക് അംഗീകരിക്കുന്നതിന് വിമുഖതയുണ്ടാക്കുന്ന ഒരു കാരണം അതാകും ഇപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ച് പ്രശ്നമില്ല അവരവർ ചിന്തിക്കുന്നവരല്ല നമ്മയ്ക്കും അറിയാം എതിർക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കും പലരും നേരിട്ടല്ലെങ്കിൽ രഹസ്യമായി ഇപ്പം എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയല്ലേ സ്വാമി എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അത് അമ്മ പറഞ്ഞ കാര്യം ഞാൻ പറയാം അമ്മയുടെ അനുഭവത്തെക്കുറിച്ച് പറയാം ഭക്തന്മാരായി ചിന്തിക്കാത്ത കൊണ്ട് അവർക്ക് മനസ്സിലാകാത്തല്ല ഭക്തന്മാരെന്ന് വെച്ചാൽ മൂടന്മാരാണെന്നോ അർത്ഥം ചിന്താശേഷി കുറവാണ് പക്ഷെ അതിന്റെ വൈഷമ്യ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമെന്ന് പറഞ്ഞു മറ്റൊരു കാര്യം അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഞാനൊരു സ്ത്രീയാണ് നിങ്ങളോടും പറയുന്നുണ്ടായിരിക്കും എന്നോട് പറഞ്ഞതായിരിക്കും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റേതായ വൈഷമ്യങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നത് അപവാദവും മറ്റു പല വിഷയങ്ങളും നേരിടേണ്ടി അപ്പോ ഈ ഇവിടെ വന്ന ഈ ആധ്യാത്മിക ഒരുക്കന്മാരിൽ നിന്ന് പറയാൻ കാരണം ഇത്തരം വൈഷമ്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് മുന്നോട്ട് വരാൻ കഴിയും പ്രവർത്തനങ്ങൾ തുടർന്നു തളർന്നു പിന്മാറികളെ എന്തിനാ പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുകയാണ് അതിജീവനത്തിലുള്ള കരുത്ത് ശേഷി എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ സമൂഹത്തിൽ രണ്ടും പോരായ്മയാണ് ഒന്ന് ജാതി മറ്റൊന്ന് സ്ത്രീ ഈ രണ്ടു പോരായ്മകളെയും അതിജീവിച്ചു എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് ഭാരതത്തിൽ ഇന്നുവരെയുള്ള ഒരു ഗുരുക്കന്മാർക്ക് സാധിക്കാത്ത കാര്യമാണ് ആത്മീയ ഗുരുക്കന്മാർ പിന്നെ മൂന്നാമത ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഈ കടപ്പുറത്ത് ജനിച്ചവളാണ് എന്ന് പറഞ്ഞെന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ കടപ്പുറത്ത് ജനിച്ചവരാവ് എന്താ പ്രശ്നം ചെയ്യുന്നതിന് അതൊരു മൈനസ് മാർഗാണെന്ന് വെച്ചാൽ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും പ്രതികൂലമായിരുന്നു അനുകൂലമായിരുന്നു ശങ്കരാചാര്യം പലതും ചെയ്തിട്ടുണ്ട് രാമാനുജനും പലതും ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും പ്രതികൂലതകളുണ്ടായിരുന്നോ ഇല്ല അന്നത്തെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരുന്നു കൊണ്ട് അവർക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എല്ലാ അനുകൂലമായിരുന്നു എന്തവർക്ക് പ്രതികൂലമായിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ആനുകൂല്യങ്ങളുടെയും തലപ്പത്തിരുന്നു കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും നമ്മൾ അറിയപ്പെടുന്ന മിക്കവാറും ഗുരുക്കന്മാരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗുരുവിനുണ്ടായിട്ടില്ല ഇത്രയും പ്രതികൂലതകളെ നേരിട്ട് അതിജീവിച്ച ഒരാളിത് നമ്മള് വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്നു മുഖസ്ഥുതിപരമായിട്ട് ചിന്തിക്കുന്നു അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് പ്രയാസം എന്നിട്ട് സമൂഹത്തിൽ നിന്നും പ്രവർത്തിക്കുക യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അപ്പൊ ഞാനിവിടെ പറയുന്നെന്താണ് ഈ പറഞ്ഞു വരുന്ന സംഭവം ഇതുമായിട്ട് എന്താ ബന്ധം ഏ എന്താണ് മനസിലാവുന്നു വാസിഷ്ടത്തിൽ ഈ പറയുന്ന കാര്യവും ഞാനീ പറയുന്ന കാര്യം തമ്മിൽ എന്താ ഇവിടെ ഇപ്പൊ അമ്മയെ കൊണ്ടുവന്ന എന്തിനാണ് എന്താണ് ഏ ആ കറക്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രവർത്തിച്ചു അതാണ് വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഒരാൾ ഈ പ്രതികൂലതകളെയൊക്കെ അതിക്രമിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതായത് എന്താണ് തന്റെ പ്രതികൂലതകൾ എന്ന് സ്വയം മനസ്സിലാക്കി അതിന് പരിഹാരങ്ങളെ കണ്ടെത്തി പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നത് വിജയത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു ഇപ്പോ ശരിക്കും ശങ്കരാചാര്യ സിദ്ധാന്തം നമ്മളൊക്കെ അത് ആണല്ലോ പഠിച്ചത് പഴയ അപ്പോ ശങ്കരാചാര്യൊക്കെ സിദ്ധാന്തം പഠിച്ചവരാണ് ശരിക്കും ആ പാരമ്പര്യത്തിൽ ഞാൻ പാരമ്പര്യത്തിൽ പഠിച്ച ഒരു സംശയമുള്ളൂ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ആപ്പ ഊപ്പകളുടെ ഇടയിൽ നിന്നല്ല ഇത് പഠിച്ചത് അക്ബാർ വേദാന്തിയുടെ അടുത്തു നിന്നല്ല പഠിച്ചത് അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളെതിർക്കുക എന്നുള്ള നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇത് പഠിക്കുന്ന സമയത്ത് എന്തിന് അമ്മയെപ്പോലെയുള്ളവരുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ ഉൾക്കൊണ്ടിട്ടില്ല നമ്മളിതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ എന്താണ് തള്ളിക്കളഞ്ഞാ എന്തുകൊണ്ട് അതായത് ശങ്കരാചാര്യ പഠിപ്പിക്കുന്ന ഇതൊക്കെ തള്ളിക്കളയുന്നതാണ് ജ്ഞാനം എന്നാണ് മനസ്സിലായത് ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിക്കളയുക അതാണ് ഒരു എതിർപ്പെന്നുള്ള അർത്ഥത്തില്ല ഞാൻ നമ്മളെ എതിർക്കാനൊന്നും ഒരിടത്തും പോയിട്ടില്ല പക്ഷെ ആശയപരമായും തള്ളിക്കള ഇതൊക്കെ എന്താ കാണിക്കുന്നതൊക്കെ പരമബദ്ധമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളോട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്താൽ നമ്മൾ പറയുന്ന അല്ല നമുക്കൊരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്താണ് ഈ ശങ്കരാചാര്യ പോലെയുള്ളവരെ നമുക്ക് പറഞ്ഞില്ല പകർന്നു തരുന്ന യാഥാർത്ഥ്യ ബോധം മറ്റൊന്നാണ് എന്നുവെച്ചാൽ അത് തത്വചിന്താപനമായത് ശരിയാണ് അല്ലാന്ന് ഞാൻ പറയുന്നു തത്വചിന്തയുടെ തലത്തിൽ മാത്രം അതിന് മനുഷ്യന്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല ഈ പറയുന്ന ശങ്കരാചാരുടെ ജീവിതമായിട്ടും എൻ്റെ ഒരു ബന്ധവും യാതൊരു ബന്ധവുമില്ല അപ്പോ ആ ഒരു എന്താണ് സാറിന സാഹിത്യ ഭാഷയെ പറയും ചിന്തയുടെ ദന്ത ഗോപുരം എന്ന് പറയും മനോഹരമായൊരു ഗോപുരമാണ് പക്ഷെ അത് ചിന്ത കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് അവിടെയിരുന്ന് ഇതിനൊക്കെ വിമർശിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ പൂർണ്ണമായും തള്ളികളെ അപ്പോ ഇതിനെ ഉൾക്കൊള്ളണമെങ്കിൽ എന്താണ് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് വളർന്നാലേ വരും അവിടെ നിന്ന് മുമ്പോട്ട് അപ്പൊ നിങ്ങൾക്കെല്ലാം ഇത് ഉൾക്കൊള്ളാൻ കാരണം നിങ്ങളുടെ മതത്തോടും ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷി ഇല്ലാത്തതുകൊണ്ട് മൂഢന്മാരിതൊക്കെ ഉൾക്കൊള്ളും അപ്പൊ ചിന്തിക്കുന്നവരുപോണമൊക്കെ എന്ത് വേണം അവിടെ നിന്ന് മുമ്പോട്ട് കടന്ന് ചിന്തിക്കുന്ന മുമ്പോട്ട് കടന്ന് ചിന്തിക്കുമ്പോഴാണ് അമ്മ ഈ പറയുന്ന വിഷയങ്ങളും ഞാൻ നിരന്തരം സംസാരിക്കുന്ന വിഷയങ്ങളും ഒന്നാകും അന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അവിടെയാണ് പ്രസംഗങ്ങൾ അത് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അമ്മ പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യും അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പേടിക്കും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ നിലനിൽപ്പിന്റെ പരിസരം കൂടെയാണ് അപ്പോ ഇതൊക്കെ എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളെ പരിഗണിക്കാതെ വെറും തത്വചിന്തകൾ കെട്ടിപ്പോക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ചിന്തകന്മാരെല്ലാം ചെയ്തിട്ടുള്ളത് പഴയ എല്ലാ ചിന്തകന്മാരും അധികം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുക അത് അവിടെ വരുമ്പോഴത്തേക്ക് ആണ് നമ്മൾ ഒരു ഒരു വ്യതിയാനം കാണുന്നത് എന്താണ് അമ്മയിൽ പ്രാചീന നമ്മുടെ ഈ ഗുരുക്കന്മാരിൽ നിന്ന് ഒരു വ്യത്യാസം ആ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ് അത് കൂടുതൽ ഇന്നത്തെ വർത്തമാന മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അത്തരം ഒരു ഉൾക്കൊള്ളൽ നമ്മുടെ പ്രാചീന ആചാര്യന്മാരിൽ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് ഞാൻ അമ്മയുടെ തന്നെ പറഞ്ഞാണ് ഇത്ര വിശദമായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് അമ്മ തിരിച്ചു ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയുള്ള വൈഷമ്യങ്ങൾ എനിക്ക് നേരിടി വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷെ ആ വൈഷമ്യങ്ങളെ നേരിടുകയും അതിജീവിക്കാനും കഴിഞ്ഞത് എന്താണ് ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രവർത്തിച്ചോ പിന്നെ കേവലം ഈ തത്വചിന്തകളിൽ നമ്മൾ മുഴുകി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതുകൊണ്ട് എന്ന് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് നമ്മളീ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് നടന്നു ബ്രഹ്മമാണ് സത്യം അതാണ് പരമസത്യം എന്നൊക്കെ പറയാം അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മറ്റൊന്ന് സംഭവിക്കും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു വീഴ്ച നിങ്ങള് ഒരു രസത്തിനു വേണ്ടി ഞാൻ ഏയോട് ചോദിച്ചു എന്താണ് അമൃതാനന്ദമയ്യയുടെ ഫിലോസഫി ഉത്തര അദ്വൈതം മനസ്സിലാകില്ല ഒരു രസത്തിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചോദ്യങ്ങളെ ചോദിച്ചു ചിലപ്പോൾ എന്റെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചു എനിക്ക് അവരുമായിട്ട് പരിചയമുള്ളൂ അപ്പൊ ഇത് അദ്വൈതം എന്ന് പറയുമ്പോ അത് ഭാഗികമായിട്ടാണ് ശരി സംഗ്രഹകരുടെ അദ്വൈതമാണോ വലിയ വ്യത്യാസമുണ്ടോ എന്താണ് ഈ പറയുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത അദ്വൈതമാണ് ശങ്കരാക്ക് ശൂദ്രന്മാർഗം വിരുദ്ധമായ അദ്വൈതമാണെന്ന് ശങ്കരാചാര്യ അദ്വൈതം അതാണോ അമ്മ പറയുന്നത് അതാണോ പറയുന്നത് ഇത് ഇവിടെയുള്ള തിരുമേനിമാരെ കേൾക്കുന്നത് ശരിക്കും രേപ്പിച്ചു കൊടുക്കണം അവർക്കത് എന്താണ് എന്ത് വ്യത്യാസം അന്ധമായ ആരാധനകളൊക്കെ മാറ്റിവെച്ചിട്ട് അവിടെയും ആരാധിക്കുന്നിടത്ത് യാഥാർത്ഥ്യ ബോഗത്തോടുകൂടിയാരുണ്ട് ഇവിടെ പറയുന്നത് പോലെ എന്താണ് ഇവിടെ എന്താ പറയുന്നത് ഭ്രാന്തി നിവാരണത്തിന് അത് ആവശ്യമാണ് എന്റെ പിറകെ എന്നെ കടിക്കാൻ നടക്കുന്ന പേപ്പട്ടികൾ ഒരു കാര്യം ആലോചിക്കും ഇതൊക്കെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ ഞാൻ ഏതെങ്കിലും കുഴിയിൽ പോയി ചാടിയിട്ട് അവളെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ശരിയായ വഴി കണ്ടെത്താൻ വേണ്ടി ഒരുപാട് വഴികൾ കൂടെ സഞ്ചരിച്ചിട്ടാണ് സഞ്ചരിച്ചാണ് പൊക്കി പൊക്കി പറയുന്നതല്ല യാഥാർത്ഥ്യം പറയുകയാണ് അതുകൊണ്ട് മനുഷ്യന് വേണ്ടത് ആദ്യം എന്താണ് ഈ ഭ്രാന്തി നിവാരണം എന്ന് പറയുന്ന കാര്യം അപ്പൊ നമുക്കൊരുപാട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും സാമൂഹിക യാഥാർത്ഥ്യം അംഗീകരിച്ചു അപ്പൊ എന്താണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം പാരമ്പര്യമായി നമ്മൾ കൂട്ടുപിടിച്ചിരിക്കുന്ന പല വിശ്വാസങ്ങളും നമ്മൾ സ്വരം കൂട്ടിയിരിക്കുന്ന പല മൂല്യബോധങ്ങളും പലതും നമുക്ക് തള്ളിക്കളയുണ്ട് ആധുനികമായ പലതിനെ സ്വീകരിക്കേണ്ടി എന്നാൽ ഈ എ പറഞ്ഞ ഉത്തരവെന്താണ് അദ്വൈതം എന്ന് പറയുന്ന ആ ഉത്തരം ശരിയാവും ഞാൻ വ്യക്തമായി കേട്ടു ആ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ എന്താണ് സാവകാശം ചിന്തിക്കുക യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ആരാധന വിട്ടിട്ട് ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോ എന്തോരും തലക്ക് കൂടുതൽ വിളിവരും അതാണ് വേണ്ടത് ഇവിടെ ഇനി പറയുന്ന മുഴുവൻ വെളിവിനെ കുറിച്ചാണ് നമുക്ക് കൈമോശം വന്നിരിക്കുന്ന ഒരു സാധനം അതാണ് ബാക്കി എല്ലാം ഉണ്ട് വിളവ് മാത്രമല്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിനിങ്ങനെ ഇതുമായിട്ട് ചേർത്ത് ആ വിഷയത്തെ കുറിച്ച്